അവർ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുന്നു എന്നാൽ അവർ സത്യനിഷേധവുമായി പ്രവേശിക്കുകയും അതിൽ തന്നെ പുറത്തുപോവുകയും ചെയ്യുന്നു അവർ മറച്ചുവച്ചിരുന്ന കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹു സുബാനഹു വല ആർബീൻസ് ഏറ്റവും നന്നായി അറിയുന്നവനാണ്